ഷിഭ്യം ഹരി ഓ അന്തരാശാന്യേ ശാത്തപാവനമ ചിന്യൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേമ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വരാം ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ व्याप्त ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാപ്തേയക്ഷിമൂർത്തമഹന്തം നരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർവർ പുരുഷോ നസം സ്ത്രീ ോ വികാരം നമരണം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാരംഭാ ശമധ്യമാസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാനവ്യകട്രഹ്മത്തം യുവാന स्वात्मारामं मुदितवदनं വർഷിട്ടാൻത്തെവസിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ വേദന്ഭാസകാദാത്തനഗേന്ദ്രസംഘപയേ യോഗേന്ദ്രവന്ദ മോഹധ്വാദിവാകരാ ഭഗവത്പാദിത ബിഭ്രേ തസ്മൈ ഭാഷ്യ നമോസ്തു സതതം പൂർണ്ണയ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം भुवनं സമസ്തം गभीरं ുഹാഹിതം തമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദയ ചിന്തയാഹമൃണ്ജ്ജടാത്മകഹം ബുദ്ധിർന്നോ നഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കൂതവരധിയാൃഷ്ടത്മനിഷാത്മന സോഹം സ്ഫൂർത്തിതയാ പൂർണോ വിഭാതി സ്വയം കരുണപൂർണസുധാബ്ധേ കപളിതന വിശ്വപിരണവലിയ അരുണാചല പരമാത്മൻ അരുണോഭവിത്തുവിയരുണാചലസൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹിത്മതയാ ഭോ തേ വദന്തി ഹൃദയം നാമ അഹമതി കുത ആയാന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയാ അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലത്യനദീവാബ്ധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം ध्यायन महीयं പശ്യത്തിയോീ ദീധി അരുണാചലി മഹീയം തേ ത്വ്യർപ്പതമനസം പശ്യൻ സർവൃതികയാതത്തെ അനന്യ പ്രീയാ സജയത്യണാചലി സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവതം സാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രാണപ്രിം नौमि പിണേ കോണത്രയസ്തം കുലദൈവതം നഹം നമു യാമിനെ കാലംകുന്തം ഭം നിർപണസുധാനീം ചൂടോത്തം चूडोत्तं ഛഞ്ചത് ശിഖാ ഭാസ്വരോ ലീലാദഗ്ധവിലോലകാമശലഭശ്രേയോഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരുച്ചാടയൻ ചേട്ട സദ്മനിഗി വിജയത്തെ ജാനപ്രദീപോഹരഹം ശാരദാരോജവദുജസ്മാക്കും സിധിം സന്നിധി കിട്ടിയ राका राकाचंद्रसम का नाकादिराजस्तुता मूकाना कधुनीका शैभव श्रीकाीनगरी विहारर शोकापन्ी एका पुण्यपरमरा पशुपते आकारिणी राजते യോന്ത് പ്രവിശ്യ മമവാച ഇമാസുപ്ത സഞ്ജീവയ ഖില ശക്തിധരസ്വദാ അനാശഹസ്തരണവണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യ പാർയ പ്രതിബോധിത സ്വയം ഗ്രഥിത പുരാണമുനിധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബ് അനുസന്ദമി ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലബുദ്ധി ഫുൽ അവിന്തപത്രേത്ര യാ ഭാരത തൈല പൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപ്പന്നിജാ സ്ോത്രവേത്രൈക്കാണീ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനമഹം വസുദേവത ദംസ ചാണൂരമർദ്ധന ദകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കളങ്കു ലംഘയത്തെ ഗിരി യത്മഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൻവ്യൈസ്തവേസ്സപദക്രമോപനിഷദൈർഗായം സമഗാ ധ്യവസ്ഥ മനസാ പശ്യം യോഗിനോ യന്തം ന വിദുസുരാസുരഗണാ ദ പാർസാരഥി ശ്രാവയ ശുഭം ഗിരം പാർത്ഥ്യത്തിഹരോ ദൂർത്തിന അസ്വാതന്ത്ര്യം താവതീശ്വരത്തോ ഭയം ശ്രീമദ്ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ഒരു ശ്ലോകാണ് എത്ര കാലം നാനാത്വമുണ്ടോ അത്ര കാല അസ്വാതന്ത്ര്യമല്ല ആത്മജ്ഞാനം വരാത്ത വരെ വരാത്ത കാലത്തോളം താവത് നാനാത്വം ആത്മനഹ ഇതുവരെയ്ക്കും നാനാത്വമുണ്ട് പലത് കാണുന്നു യാവൻ നാനാത്വം ആത്മനഹ താവത് അസ്വാതന്ത്ര്യം ഇത്രകാലം നാനാത്വമുണ്ടോ അത്ര കാലം സ്വതന്ത്രനല്ല ഫ്രീയല്ല അസ്വാതന്ത്ര്യം എത്രകാല അസ്വതന്ത്രനാണോ താവത് ഈശ്വരത്തോ ഭയം അത്രയും കാലം ഈശ്വരനെ പേടിക്കണം എന്നാണ് അപ്പൊ ഈശ്വരൻ എന്താ സാധാരണ ഒരു പറയും ഗോഡ് ഫിയറിങ് ഗോഡ് ഫിയറിംഗ് ഇവിടെ അർജുനനും ഗോഡ് ഫിയറിംഗ് ആണ് ഈശ്വരനെ കണ്ട് ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചോദിക്കണത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും പ്രകൃതി മുഴുവനും ഈശ്വരന്റെ സ്ഥൂലമായ വപുസാണ് ശ്രീ രാമാനുജ സമ്പ്രദായത്തില് അവര് പറയും ഭഗവാന് രണ്ട് ശരീരമാണ് അത്ര ചിതചിത് ശരീരീ ശരീരി അചിത് ശരീരി ഈ കാണുന്നത് മുഴുവൻ അചിത് ശരീരം ചിത് ശരീരമാണ് ഉള്ളിലുള്ള ഞാനെന്ന് പറയുന്ന ചൈതന്യ രൂപമായി പ്രകാശിക്കുന്നത് ചിത്ത് ജഡപ്രപഞ്ചം മുഴുവൻ ശക്തിയുടെ മണ്ഡലം മുഴുവൻ ഈശ്വരന്റെ അചിത് ശരീരം മാറ്റർ പ്രകൃതി നേച്ചർ അല്ലെ നോക്കിയാൽ എന്തുണ്ട് പരിണാമം മൃത്യു ചേഞ്ച് എവിടെ നോക്കിയാലും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു മൃത്യുവിലേക്കാണ് പോക്ക് ഇതില് അർജുനൻ ഭഗവാന്റെ രൂപം കണ്ടിട്ട് പറയാൻ പോണു വിശന്തി നാശായ സമൃദ്ധമേ ഗാശത്തിനെ നോക്കിക്കൊണ്ട് അഭിമുഖമായി പോകുന്ന ഒരു പോക്ക് അതാണ് പ്രകൃതി മുഴുവനും കാലം പുറത്തേക്ക് നോക്കിയാൽ കാലം അകത്തേക്ക് നോക്കിയാൽ അമൃതത്വം രണ്ടും രണ്ട് ഡയമെൻഷൻ പോലെ നമ്മൾ എത്ര കാലം പുറത്തു നോക്കിക്കൊണ്ടിരിക്കണോ അത്ര കാലം ബന്ധമുണ്ട് മൃത്യുവുണ്ട് ദുഃഖമുണ്ട് എത്ര കാലം ശരീരത്തിനെയും പ്രപഞ്ചത്തിനെയും മാത്രം സത്യമെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നു അത്ര കാലം ഈശ്വരന്റെ റൽമിൻ്റെ ശരിക്കും പറഞ്ഞാൽ വേദാന്തപരമായിട്ട് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്നത് കാലം തന്നെയാണ് അത് നമുക്ക് എല്ലാം തരും എല്ലാം എടുത്തുകൊണ്ടും പോകും ഭാഗവതത്തിൽ ഭഗവാൻ വാമനനായിട്ട് ചെറിയ രൂപത്തില് ഉള്ളിൽ വന്നു മഹാബലിയുടെ അടുത്ത് വന്നു ചോദിച്ചു തരൂ എന്താ ചോദിച്ചോദിച്ച മൂന്നടി മണ്ണ് അല്ലേ ഭഗവാൻ വന്നു മൂന്നടി മണ്ണ് ചോദിച്ചു അപ്പോ ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കരുത് എന്നാണ് എല്ലാ എടുത്തോണ്ട് പോവും നീ കൊടുക്കുമ്പോ മൂന്നടി മണ്ണ് എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ എടുത്തോണ്ട് പോകും സർവവും കൊണ്ടുപോകും കൊടുക്കരുത് അപ്പൊ മഹാബലി പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ലെങ്കി അദ്ദേഹം എടുക്കില്ലേ വെറുതെ ഒരു ഒരു മര്യാദയ്ക്ക് വേണ്ടി ചോദിക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാം കൊണ്ടുപോകും എന്നോടുള്ള എന്തോ ഒരു സ്നേഹം കൊണ്ട് ഒരു മര്യാദയ്ക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് കൊടുത്തിട്ടില്ലെങ്കിലും സകലതും കൊണ്ടുപോകും അദ്ദേഹം തരുമ്പോ നമ്മൾ ആരും വേണ്ടാന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എടുക്കുമ്പോ എടുക്കേണ്ട പറയാനും നമുക്കൊന്നും അധികാരമൊന്നുമില്ല നമ്മളുടെ അടുത്ത് തൽക്കാലത്തേക്ക് ടെമ്പറിയായി തന്നു വെച്ച സാധനങ്ങളൊക്കെ അദ്ദേഹം എടുത്തോണ്ട് പോകും കാലപുരുഷൻ എടുത്തോണ്ട് എന്തൊക്കെ എടുത്തോണ്ട് ബാല്യം എടുത്തോണ്ട് പോയി യൗവനം എടുത്തോണ്ട് പോയി ഇല്ല ഇപ്പൊ വാർദ്ധക്യത്തിൽ നിൽക്കും വാർദ്ധക്യം എടുത്തോണ്ട് പോകും ആർദ്ധക്യെടുത്തോണ്ട് പോകുന്നോടൊപ്പം എന്തെടുത്തോണ്ട് പോകും ഒരാള് പറഞ്ഞു ഭഗവാൻ എടുത്ത് ഭഗവാനെ എനിക്ക് വാർദ്ധക്യം എടുത്തോണ്ട് പോകണം വാർദ്ധക്യെടുത്തോണ്ട് പോകണം മരിച്ചുപോയി അപ്പൊ അവിടെ പോയിട്ട് ചോദിച്ചു എന്താ ഭഗവാന് എന്റെ വാർദ്ധക്യം നീക്കണം ഞാൻ വാർദ്ധക്യം നീക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ശരീരം എടുക്കണം പിന്നെയും ചെറിയ കുട്ടിയായിട്ട് ജനിക്കാം അപ്പൊ മാറിക്കൊണ്ടേയിരിക്കണത് എവ്രിതിങ് ബി റിമൂവ് കാലപുരുഷൻ എല്ലാം ഗ്രസന്തി എടുത്തോണ്ട് പോകും അപ്പൊ എന്തൊക്കെ കാലത്തിന്റെ സ്വത്താണോ അതിലൊക്കെ നമുക്ക് അഭിമാനം കാലം നമുക്ക് ഫ്രീഡം ഇല്ല ഏതൊക്കെ കാലപുരുഷൻ എടുത്തോണ്ട് പോകുവോ അതൊക്കെ തന്നെ അറിവുകൊണ്ട് ഉപേക്ഷിക്കുന്നവനാണ് ജ്ഞാനി ശരീരം മനസ്സ് ഇതൊക്കെ കാലത്തിൻ്റെയാണ് നമ്മളൊന്നുമല്ല കാലത്തിന് തൊടാൻ പറ്റാത്ത പ്രവേശമില്ലാത്ത ഒന്നേ ഒന്നുണ്ട് അച്ഛത്ത് ആ ഹൃദയസ്ഥാനം ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കാലത്തിന് എൻട്രി ഇല്ല അഹങ്കാരം വരയ്ക്കും തന്നെ കാലത്തിന്റെ സ്വത്തുക്കളാണ് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഒക്കെ കാലം അഹങ്കാരത്തിന് അപ്പുറം പോയാ കാലത്തിന് എൻട്രി ഇല്ല ആത്മാ നിത്യ അവ്യയ ശുദ്ധ ഏക ക്ഷേത്രജ്ഞ സാക്ഷി സ്വയം അങ്ങനെയുള്ള ആ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ശാന്തി ഇഹൈവ ജിതസർഗാം സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ ബ്രഹ്മണിത്തെ സ്ഥിത ഭഗവാൻ തന്നെ പറഞ്ഞു ഇവിടെ തന്നെ അവര് ജനനം മരണം എന്നുള്ള ഈ പ്രശ്നങ്ങളെ ഒക്കെ കടന്നുപോയിരിക്കുന്നു ആരാ ആരുടെ മനസ്സാണോ ഈ ഹൃദയത്തിൽ പ്രവേശിച്ചു നിൽക്കണത് അവര് അവളുടെ ഉള്ളില് സെന്റർ ഉണ്ട് ആ സെന്റർ ശോകത്തിനും പ്രവേശമില്ലാത്ത സെന്റർ ആണ് ദഹ്രം വിരമേഷ്മൂതീകം പുരമധ്യസം തരാപി ദഹ്രം ഗഗനം വിശോക തസ്മ്യദന്താസിതവ്യം ഹൃദയദഹ്രം ഹൃദയമാകുന്ന ആ ദഹരത്തില് വിശോക അവിടെ ശോകമില്ല ശോകത്തിന് പ്രവേശമില്ല അതിനകത്ത് എന്തുണ്ടോ അതാണ് ഉപാസിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിനെ അറിയണം ആത്മ അപ്പോ ഈ ആത്മതത്വത്തിനെ അറിഞ്ഞ ആൾക്ക് ശാന്തിയുണ്ട് ഇപ്പൊ അർജുനൻ ചോദിക്കുന്നത് അതല്ല ശരി അതല്ലാതെ ഉള്ള ഈ അച്ഛത്ത് ശരീരം ഉണ്ടല്ലോ കാലപുരുഷൻ അതും ഈ ചിത്തും അചിത്തും ഒക്കെ ചേർന്നിട്ടുള്ള ഈശ്വരസ്വരൂപം ശക്തിയുടെ മണ്ഡലം അതിൻ്റെ ഒരു ദർശനം കിട്ടുമോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത് ഈശ്വര ദർശനം പ്രപഞ്ചം മുഴുവനും ഭഗവത് സ്വരൂപമായിട്ട് ഈശ്വരസ്വരൂപമായിട്ട് കാണുന്ന ആ ദർശനത്തിനെ അർജുനൻ പ്രാർത്ഥിക്കുകയാണ് അതൊരു സ്പെഷ്യൽ എന്താ പറയുക ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യം അതാണ് ഇവിടെ അർജുനൻ ചോദിക്കണത് അതെനിക്ക് തരുവോ ഭഗവാന് എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തരൂ ആത്മജ്ഞാനത്തിന് അത് വേണമെന്നൊന്നുമില്ല ജ്ഞാനിയുടെ പരിപക്വസ്ഥിതിയിൽ സ്വയമേവ വരുന്നതാണ് ജഗത്ത് മുഴുവൻ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കിയാലും ഒക്കെ ബ്രഹ്മമാണ് ഇവിടെ അർജുനൻ ചോദിക്കണത് ഈശ്വരന്റെ ദർശനം തേ ഐശ്വരം രൂപം ദ്രഷ്ടിച്ചാമി വിസ്പെക്ട്സ് സഗുണ സാകാര എല്ലാമായിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം കാണിക്കുന്ന ആ ഈശ്വരന്റെ പവർ ആ ശക്തിയുടെ ദർശനം കാണാനാണ് അർജുനൻ ഇവിടെ ആശിക്കണത് അത് എനിക്ക് കാണാൻ യോഗ്യത ഭഗവാനെ എനിക്ക് കാണിച്ചു തരൂ മന്യസേഖ്യം ഇതി പ്രഭോ പ്രഭോ എനിക്ക് കാണാൻ സാധിക്കുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ സാധിക്കുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ യോഗേശ്വര തഥോമേത്വം യശോദയ്ക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ അല്ലേ യശോദ പേടിച്ചുപോയി വായു തുറന്നപ്പോ കാണിച്ചോടുത്തു അപ്പൊ യശോദ പറഞ്ഞു അയ്യോ അയ്യോ വേണ്ട പേടിച്ചുപോയി പേടിച്ചിട്ട് യശോദ പറഞ്ഞു എന്തോ കുട്ടിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഗോമൂത്രം കൊണ്ട് സ്നാപനം ചെയ്ത് കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര ദ്വാദശ നാമങ്ങൾ രക്ഷയൊക്കെ ജവിച്ചു കുട്ടിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് അല്ലേ അല്ലാതെ ഒരു കുട്ടി വായു കുളിച്ചാൽ പ്രപഞ്ചമൊക്കെ കാണുക ബ്രഹ്മാണ്ടം മുഴുവൻ കാണുക വായുടെ അകത്ത് അതിനകത്ത് യശോദയെ കാണുന്നു എല്ലാം കാണുന്നു എല്ലാം സർവവും വായിക്ക വായി വായുടെ അകത്ത് കാണുക എന്ന് ഒരു സന്തോഷം ഒന്നും ഉണ്ടാവില്ല ശാന്തി ഒന്നും ഉണ്ടാവില്ല പേടിച്ചുപോയി യശോദന ദുര്യോധന കാണിച്ചു കൊടുത്തു ഭഗവാൻ ദുര്യോ ഭഗവാൻ ദൂതിന് കൗരവസഭയിലേക്ക് പോയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ഈ കൃഷ്ണനെ പിടിച്ച് കെട്ടിട്ട പിന്നെ പാണ്ഡവർ യുദ്ധത്തിനൊന്നും വരില്ല അപ്പൊ ദുര്യോധനൻ ദുശാസനൻ ശകുനിയൊക്കെ കൂടെ തീരുമാനിച്ചു കൃഷ്ണനെ നമുക്ക് അങ്ങോട്ട് കെട്ടിയിടാം എല്ലാവരും തടസ്സം ചെയ്തു വിദുരനൊക്കെ അറിഞ്ഞിട്ട് ഭീഷ്മരും ഒക്കെ പറഞ്ഞു അഗ്നിയെ തുണി കൊണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നേ എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു നോക്കി അയാളൊന്നും കൂട്ടാക്കില്ല പിടിച്ചു കെട്ട് എന്നെ കൃഷ്ണനെയും തീരുമാനിച്ചു അപ്പൊ ഭഗവാന്റെ അടുത്ത് സാധ്യക്ക് ചെന്നു പറഞ്ഞു ദാ ദുര്യോധനൻ കൊറേ ആളുകളും ഒക്കെ ആയിട്ട് പിടിച്ച് കെട്ടിയിടാൻ വരണു അപ്പൊ ദുര്യോധനന്റെ മുമ്പില് അങ്ങനെ വിശ്വരൂപം കാണിച്ചെടുത്തു കാണിച്ചിട്ട് ഇതാ പറഞ്ഞു ദാ എന്റെ മുമ്പിൽ എല്ലാം ഉണ്ട് ഞാൻ തനിച്ചു വന്നിരിക്കാണെന്ന് വിചാരിച്ചോ നാരായണീ സേനയുണ്ട് എല്ലാ ഉണ്ട് കുറച്ചു നേരത്തേക്ക് ഒന്ന് അന്താളിച്ചു പോയി ദുര്യോധനം അത് കഴിഞ്ഞ് ഭഗവാനായിട്ട് സാധാരണ രൂപത്തിലായി അവിടെ നിന്ന് നടന്നു പോയപ്പോ ദുര്യോധനം പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോന്ന് ചോദിച്ചു ഭീഷ്മരം അത് ജപ്പിടി വിദ്യ ഇന്ദിരജാലം എന്തോ മാജിക്ക് കാണിച്ച അതിന്റെ ഇമ്പാക്ട് ഒന്നും ഉണ്ടായില്ല അങ്ങനെ വിശ്വരൂപ ദർശനം ഭഗവാൻ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് പല രീതിയിലും അതൊന്നും ജ്ഞാനത്തിനൊന്നും കാരണമായില്ല എങ്കിലും അത് ശക്തിയുടെ മണ്ഡലം കാണാൻ വിശ്വത്തിൽ മുഴുവൻ ആ ശക്തി ഭഗവത് ശക്തി നിറഞ്ഞു നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹമാണ് ഇവിടെ അർജുനൻ പ്രകാശിപ്പിക്കണത് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ പറയാണ് നോക്കൂ ശ്രീ ഭഗവാൻ പശ്യമേ പാർത്ഥ രൂപാണി ശതശോഥസഹസ്രശ നവർണ പശ്യമേ പാർത്ഥ ൂപ്പണി ഹേ അർജുന പശ്യ കാണാമോ അവിടെ കണ്ടോട് വന്നു ഇപ്പോ ഒരു ടൈപ്പ് കമ്പ്യൂട്ടറൊക്കെ വരാൻ പോണെന്ന് സ്പേസിൽ എങ്ങനെ കാണും വന്നുകഴിഞ്ഞോ എനിക്കറിയില്ലേ പറയേണ്ട സ്ക്രീനൊന്നും വേണ്ട അതാ ഇങ്ങനെ കാണിച്ച എവിടെ കാണും ഇങ്ങനെ സ്പേസില് ഉണ്ടാവും അതൊക്കെ കുറച്ച് കാലത്തേക്ക് ഒരു ഉണ്ടാവും അല്ലേ പിന്നെ മറഞ്ഞുപോയി ഇവിടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഇവിടെ കണ്ടോളൂ എന്നാണ് ഇവിടെ എല്ലാം കണ്ടുള്ള പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്ര മനുഷ്യന്റെ ഉള്ളിലും ഈശ്വരത്വം ഉള്ളത് കൊണ്ടാണ് സയൻസ് കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും സമാധാനത്തിന് കാരണമല്ല ആത്മജ്ഞാനം കൊണ്ടേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓരോ പദത്തിന് പദം സ്റ്റെപ്പിന് സ്റ്റെപ്പ് അറിഞ്ഞോളണം എന്തൊക്കെയോ മാജിക് കാണിക്കണോ അല്ലേ ഇപ്പൊ ഒരു ഗൂഗിൾ മാപ്പ് തിരഞ്ഞാൽ എല്ലാ സ്ഥലവും കണ്ടുപിടിച്ചു എവിടെ വേണേലും കണ്ടുപിടിച്ചു എല്ലാ ഒരു സ്ഥലത്തിരുന്നു കാണു അർജുനൻ അങ്ങനെ ആഗ്രഹിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഇതാ കണ്ടോളൂ എവ്രിതിങ് എന്തൊക്കെ നിനക്ക് ആഗ്രഹമുണ്ടോ ഒക്കെ കണ്ടോളൂ ശതശോധ സഹസ്ര നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് രൂപങ്ങൾ കാണണോ കണ്ടോളൂ നാനാവർണ ആകൃതി നീച്ച അനേക കളർ അനേക രൂപങ്ങൾ എന്തൊക്കെ വേണോ കണ്ടോളൂ പശ്യാദിൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുത പശ്യാശ്ചി ഭാരത ഇവിടെ नाना നീലപീതാദി നാനാവർണങ്ങളോടും അവയവവിശേഷങ്ങളോടും കൂടിയും ഇരിക്കുന്ന മേ ൂണി പശ്യ ചിലരൊക്കെ ഇതിനെ വേറെ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ യോഗമാർഗത്തിൽ പുരോഗമിക്കുന്ന ഒരാൾ ആന്തരികമായിട്ട് യോഗശക്തി കുണ്ടലിനി മൂലാധാരത്തിൽ നിന്നും സഹസ്രഹാരത്തിലേക്ക് പ്രവഹിക്കുമ്പോ ജീവൻ ഉള്ളില് അനേക വർണ്ണങ്ങൾ കാണും പലവിധ കളർ അവർക്ക് ദർശനം ഉണ്ടാവുന്നതാണ് ഈ കളറും മനസ്സും ഒക്കെ കണക്റ്റഡാണ് ഒരാളുടെ നേച്ചറും ഒക്കെ കണ കണക്റ്റഡാണ് അതുകൊണ്ടാണ് ദശശുരോഗിയിലെ നിർവാണ ദശകത്തിലെ ആചാര്യസ്വാമി ഇതൊന്നും അല്ല അല്ല ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം നീണം ന ഹ്രവം ന ദീർഘം ഈ കളറൊക്കെ തള്ളിക്കളഞ്ഞു നരൂപം അപ്പൊ ഈ പല വിധത്തിലുള്ള കളർ ലളിതാ സഹസ്രനാമത്തിൽ ഈ കുണ്ടലിനിയുടെ ഇതൊക്കെ പറയുമ്പോൾ ഓരോ കളറും പറയുന്നുണ്ട് രക്തവർണ പീത്തവർണ ശുക്ലവർണ ഒക്കെ പറയുന്നുണ്ട് കൃഷ്ണവർണ ഈ വർണ്ണങ്ങളൊക്കെ തന്നെ ഈ ശക്തി ഓരോരോ മണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോഴും ഓരോരോ കളർ ഉണ്ടാവും ഇതൊക്കെ ധ്യാനത്തിൽ അറിയാൻ മാത്രല്ല ചിലത് ചില ചില പ്ലെയിനിൽ നിൽക്കണുണ്ടാവും അതാത് പ്ലെയിനിൽ നിൽക്കുമ്പോൾ അതാത് കളർ അവരുടെ ഉള്ളില് ഉണ്ടാവും രജോ ഗുണത്തിലിരിക്കുമ്പോ ഒരു ചുവന്ന കളർ തമോ ഗുണത്തിലിരിക്കുമ്പോ ഒരു കറുപ്പ് ചിലർക്ക് പറയും ധ്യാനിക്കാൻ നോക്കിയ ഉള്ളിൽ മുഴുവരെ ഇരുട്ട് ഒരു സുവർണ നീലവർണ്ണം അല്ലെ ഇതിനനുസരിച്ചാണ് ദേവതകളും നോക്കൂ ചിലർക്ക് വിഷ്ണുവിനോടാണ് പ്രിയം ചിലർക്ക് ശിവനോടാണ് പ്രിയം ചിലർക്ക് ദേവിയോടാണ് പ്രിയം ഇതൊക്കെ ഓരോ കളറാണല്ലോ ദേവിക്ക് എപ്പോഴും ചോപ്പ് കളർ ശിവന് രണ്ടു വർണ്ണവും ഉണ്ട് ശഗുണസാകാരമായിട്ട് ശിവൻ വരുമ്പോ സുവർണവർണം ജ്ഞാനത്തിൽ വരുമ്പോ അസിത വർണ്ണം വെളുപ്പ് വിഷ്ണുവിന് കറുപ്പ് അല്ലെങ്കിൽ നീല കളറ് ഇങ്ങനെ പല കളറും യോഗികൾ അവരുടെ ഹൃദയത്തിൽ അതാത് സന്ദർഭങ്ങളിൽ കാണും യോഗ സം ധ്യാന സമയത്ത് കാണും എന്ന് പറയാറുണ്ട് പലരും സ്വയമേവ ആ ഒരു എവല്യൂഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കളറുണ്ടാവും ഇവിടെ ഭഗവാൻ പറയണേ എല്ലാ കളറും ത കണ്ടോളൂന്നാണ് എല്ലാ കളറും കണ്ടോളും നാന വർണ്ണ പല കളർ പല ഫോംസ് അല്ല ഉള്ളിൽ ഇവിടെ തന്നെ കണ്ടോളൂ ത്രാസ് ത്രൂ ഓൾ കളേഴ്സ് ഈ കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് പോകും ജ്ഞാനേശ്വരൻ പോലും ജ്ഞാനേശ്വരിയില് അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് തോന്നുന്നു ഓർമ്മയില്ല എനിക്കിപ്പോ മൂലാധാരത്തിന് യോഗമാർഗമായിട്ടാണ് ഗീതയിലൊക്കെ പറഞ്ഞിരിക്കണേ ജ്ഞാനേശ്വരൻ അപ്പൊ ആ മൂലാധാരത്തിൽ നിന്ന് ശക്തി പ്രവേ പ്രവഹിക്കുമ്പോൾ ഏത് മാർഗത്തിലും ആ ശക്തിയുടെ പ്രവാഹം ഉള്ളിലുണ്ടാവും ജ്ഞാനമാർഗത്തിലാണെങ്കിലും ഈ കോൺഷ്യസ് ആയിട്ടല്ലാതെ ആ ശക്തി ഓരോ പ്ലെയിൻ ബൈ പ്ലെയിൻ ബൈ പ്ലെയിൻ ആയിട്ട് അതിങ്ങനെ ട്രാൻസ് ചെയ്യും സപ്തഭൂമിക്ക എന്ന് ഞാൻ വേദാന്തത്തിൽ പറയാറുണ്ട് ശുഭേച്ഛ തനുമാനസി സത്വാപത്തി അസംസക്തി പദാർത്ഥാഭാവനിന്നൊക്കെ പറയും അതേപോലെ തന്നെ യോഗത്തിലും ആറ് ആധാരങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തത് അതുകൊണ്ടാണ് ഈ സപ്താഹം വെച്ചിരിക്കുന്നത് എന്താ പറയാ ഭാഗവത സപ്താഹം എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ദിവസം കഴിയുമ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവണമെന്ന് അതാണ് ഈ ഏഴെന്നൊരു കണക്ക് വെച്ചിരിക്കണം എല്ലാത്തിനും ഓരോരോ ദിവസം ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെയാണല്ലോ പറയണത് അല്ലേ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ സംഹരിക്കണം വിത്ത് ഡ്രോ ഉള്ളിലേക്ക് അപ്പോ നാനാവർണാകൃതീനിച്ച പശ്യ ഭഗവാൻ പറഞ്ഞ അനേക വർണ്ണങ്ങൾ കാണൂ അനേക രൂപങ്ങൾ കാണു എല്ലാം കണ്ടു പശ്യ ആദിത്യാൻ വസൂന് രുദ്രാൻ അനേകം സൂര്യന്മാരെ കാണൂ അഷ്ടവസുക്കൾ ഈ ദേവതകളൊക്കെ ഉണ്ടോ കണ്ടോളൂ ഉള്ളനും വസുൻ രുദ്രാൻ അശ്വി അശ്വിനി ദേവന്മാര് മരുത്തുകള് വേദം ഏതൊക്കെ ദേവതകള് പറയണ ഒക്കെ കണ്ടോളൂ അരബിന്ദു പറയണത് ഈ ദേവതകളെ ഒന്നും നിങ്ങള് വെറുതെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത് ഭഗവാൻ രമണഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിഷ്ണു ശിവൻ ഈ ദേവതകളൊക്കെ പറയണ്ടല്ലോ ഇവരൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു നീ ഉണ്ടല്ലോ അല്ലേ അപ്പൊ അവരൊക്കെ ഉണ്ട് ീ രൂപത്തിന് എന്ത് ലോജിക്കാ ഉള്ളത് അത്രയും ലോജിക് എല്ലാത്തിനുമുണ്ട് പുരാണങ്ങളിലൊക്കെ ദേവതകളൊക്കെ ഭൂമിയിൽ വന്നിരുന്നു നാരദൻ വന്നു ഇന്ദ്രൻ വന്നു എന്നൊക്കെ ഭാരത മഹാഭാരതത്തിലടക്കം പറയണ്ടേ ഇതൊക്കെ പറയുമ്പോൾ അരബിന്ദോ പറയണ്ടേൾഡ് ടൈംസ് വെൻ ദർ വാസ് എ ട്രാഫിക് ബിറ്റ്വീൻ ദിസ് വേൾഡ് ആൻഡ് അതർ വേൾഡ് ഇറ്റ് വാസ് പോസിബിൾ എന്തെന്ത് മനസിലാവില്ലയോ അതൊക്കെ ഇമാജിനേഷൻ ആണെന്നും ഒക്കെ പറയും ഇല്ലേ ഇപ്പൊ നാളെ ചൊവ്വയിലേക്ക് പോയിട്ട് വരാൻ തുടങ്ങിയാ അപ്പൊ അതിന്റെ കുറിച്ചുള്ള മിസ്റ്ററി കഴിഞ്ഞു അല്ലേ ഇപ്പൊ ചൊവ്വയിലേക്ക് പോകാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുക ഇനിയിപ്പോ നാളെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിയ അപ്പൊ അതിന്റെ മിസ്റ്ററി കഴിഞ്ഞു അതുവരൊക്കെയുള്ളൂ അതിന്റെ അത്ഭുതം ഈ ദേവതകളൊക്കെ ഉണ്ടോ എന്ന് എല്ലാം മുമ്പിൽ വന്ന് നിന്നാ കഴിഞ്ഞു അതിന്റെ മിസ്റ്ററി കഴിഞ്ഞു അതുവരൊക്കെയാണ് നമുക്ക് മനസ്സിലാവാത്ത ഒന്നുമില്ല അപ്പൊ പശ്യ ആദിത്യാൻ വസുകാൻ അനേക ആദിത്യന്മാര് വസുക്കള് അഷ്ടവസ്തുക്കള് രുദ്രന്മാര് അശ്വിനീദേവന്മാര് ഇത് അവരൊക്കെ കണ്ടോളാന്നെ ഓഫ് ദർദേ എല്ലാരെയും കണ്ടോളൂ എല്ലാരും ഇഹൈകസ്തം ഇവിടെ തന്നെ കണ്ടോളൂ ഇഹൈകസ്തം ജഗത്കൃസ് പശ്യാദ്യസരാചരം ഇച്ഛസിഹ എന്നുവെച്ച ഇവിടെ ഏകസ്ഥ ഒന്നില് നിൽക്കുന്നതായിട്ട് കൃത്സ്നം ജഗത് ഈ കംപ്ലീറ്റ് പശ്യ കാണുക ചരവും അച്ചരവും ഒക്കെ കാണുക കാണാൻ ഒരു സ്ക്രീൻ വേണമല്ലോ എന്താ ഭഗവാനെ സ്ക്രീൻ മമദേഹെ എന്റെ ശരീരത്തിന് കണ്ടോളൂന്നാണ് യോഗികൾക്ക് പോലും ഇത്തരം ശക്തിയൊക്കെ ഉണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഉണ്ടായിരുന്ന ഗുരുക്കന്മാരിൽ തോത്താപുരി എന്ന് പറഞ്ഞ ഒരു ഗുരു ജടാധാരി ഒരു ഗുരു ഒരു ഭൈരവി ബ്രാഹ്മണി ഒരു ഗുരു അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ച വേറെ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ ഒരാൾ മഹായോഗിയായിരുന്നു പല ഉണ്ടായിരുന്നു അപ്പോ അതിൽ ആ ഒരു സിദ്ധൻ രാമകൃഷ്ണ പരമഹംസരെ ഒരു ദിവസം കാണാൻ വന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്റെ അനുഭവവും ഒക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് ഗംഗാതീരത്തിൽ ഇങ്ങനെ നടന്ന് എവിടെയോ പോയി പോയിട്ട് തിരിച്ചു വരുമ്പോ ഇരുട്ട് കണ്ണ് കാണാൻ വയ്യ രാമകൃഷ്ണദേവൻ പറഞ്ഞു ഒരേ കണ്ണ് കാണാൻ വയ്യ വളക്കും എടുത്തില്ല നീ എങ്ങനെ പോവും എന്ന് പറഞ്ഞപ്പോ ആ കൂടെ വന്ന ആള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ മുതുകെ സ്പർശിക്കാൻ പറഞ്ഞു അത്ര ഒന്ന് തട്ടിയപ്പോ ഈ എന്താണ് എമർജൻസി ലാമ്പ് ഓൺ ചെയ്ത പോലെ അവിടെ വെളിച്ചം എനിക്ക് രാമകൃഷ്ണദേവൻ തന്നെ പറയണ്ടേ സുഖമായിട്ട് നടന്നുപോയി എന്നിട്ട് അവസാന അയാളുടെ അടുത്ത് പറഞ്ഞു ഈ സിദ്ധിയൊന്നും ഉപയോഗിക്കണ്ട ഇതൊക്കെ നിനക്ക് നാശത്തിന് കാരണമായിട്ട് തീരും എന്ന് പറഞ്ഞു ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് പറയണ്ട അപ്പം ഇതൊക്കെ തന്നെ മന്ത്രം കൊണ്ടോ ദ്രവ്യങ്ങൾ കൊണ്ടോ സയൻസ് ചെയ്യുന്നത് ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഒരു മാജിക് ഉണ്ടായിരുന്നില്ല കുറെ കാലം മുമ്പ് ദ്രവ്യം കൊണ്ട് ചെയ്യുന്ന ഒരു മാജിക്കാണ് ട്യൂബ് സ്വിച്ച് ഓൺ ചെയ്താൽ പഴയകാലത്തെ കഥകളിൽ ഇതൊക്കെ ഈ മന്ത്രവാദി കഥകൾ മാത്രമേ കാണുള്ളൂ ഒരിടത്ത് പോയി തൊട്ടുടനെ വെളിച്ചം വന്നു മന്ത്രവാദ കാണുന്നതാണ് നമ്മളിപ്പോൾ സർവ്വസാധാരണ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് അല്ലെ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ എവിടെയോ ഉള്ള ആളുടെ അടുത്ത് സംസാരിച്ചു അതിൽ സ്ക്രീനിൽ കണ്ടു ലാപ്ടോപ്പ് ഒക്കെ മുമ്പൊക്കെ ഈ പഴയ ചില സിനിമകൾ വരും അവർ ഈ മാജിക് സിനിമ മാത്രം വരും അതിലൊക്കെ കാണും ഒരു പെട്ടി കൊണ്ടുവന്ന് തുറന്നാ അതിലെവിടെയോ ഉള്ള ആളുകളെയൊക്കെ കാണും അവരുടെ അടുത്ത് സംസാരിക്കാം ഇപ്പൊ എല്ലാരും ചെയ്യണോ അല്ലെ എല്ലാരും ചെയ്യാൻ തുടങ്ങി അത്ഭുതം പോയി എല്ലാവർക്കും സർവ്വസാധാരണയതിലുള്ള മിസ്റ്ററി പോയി അതാണ് അപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് വെളിച്ചം ശരീരത്ത് നിന്ന് ഇപ്പൊ ഭഗവാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ആശ്ചര്യം കിം ആശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ ഭാഗവതം പറയണത് സർവാശ്ചര്യമയനായ ഭഗവാനിൽ എന്താശ്ചര്യം ഉള്ളത് ഏറ്റവും വലിയ ആശ്ചര്യം കൃഷ്ണൻ തന്നെയാണ് അല്ലാതെ കൃഷ്ണൻ കാണിക്കണ മാജിക് അല്ല ഗോപസ്ത്രീകളുടെ എടുത്ത് ചെന്ന് പറഞ്ഞോ കൃഷ്ണൻ ഓട്ടൂരിന് ഒരു പാട്ടുണ്ട് കണ്ണാനെ പോയി മത് ദ്വാരകാപുരിയിൽ കണ്ടിട്ട് വന്നു കുറെ ആളുകൾ വൃന്ദാവനത്തിലുള്ള പുരുഷന്മാർ കുറെ പേര് പോയിട്ട് വന്നു വന്നിട്ട് ഗോപികകളുടെ അടുത്ത് വന്ന് കൃഷ്ണനെ പറയണം എന്ന് പറഞ്ഞിട്ട് വന്നു അതിൽ ഗോപികകളുടെ അടുത്ത് പറഞ്ഞു പോകുന്നു നമ്മുടെ ഉണ്ണിപ്പ് ഇവിടെ ഉള്ള പോലെ ഒന്നുമല്ല അവിടെ വലിയ ആളായിരിക്കണമെന്നും തലയിൽ കിരീടം വെച്ചിട്ടുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു എപ്പോഴും തിരക്കാണ് ഒരുപാട് ആളുകൾ കാണാൻ വരണു വലിയ വലിയ രാജാവാണ് തോന്നുന്നു അപ്പൊ ഗോപികൾ കരഞ്ഞുകൊണ്ട് ഒരു ഗോപിക മറ്റൊരു ഗോപിക എടുത്ത് ഓടിപ്പോയി പറഞ്ഞിട്ട് നമ്മുടെ കുട്ടി കേടുവെന്ന് പോയിട്ടോ ചീത്തയായി പോയി ഞാൻ ഇപ്പൊ തലയിൽ മയിൽപീലി വെക്കണേൽ യാത്ര പുല്ലാങ്കുഴയിൽ വായിക്കണേൽ യാത്ര എപ്പോഴും രാഷ്ട്രീയവും പ്രശ്നങ്ങളും ഒക്കെയാണ് നശിച്ചു പോയി എന്നിട്ട് ഓട്ടോട്ട് ഒരു പാട്ടുണ്ട് ചീ ചക്കനെ ഇവിടുന്ന് പറഞ്ഞേക്കേണ്ടിയിരുന്നില്ല ഇവിടുന്ന് പോയതോടുകൂടെ ചീത്തയായി പോയി വൃന്ദാവനത്തുനിന്ന് പോയതോടുകൂടെ എപ്പോഴും രാഷ്ട്രീയവും പ്രശ്നങ്ങളും യുദ്ധവും ഒക്കെ അത്ര ഇപ്പൊ പുല്ലാങ്കഴിലൊന്നുമില്ല കയ്യിൽ എന്തോ ഒരു ചക്രവോ എന്തോ ഒരു സാധനം പിടിച്ചോണ്ട് നടക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും അവർക്ക് ഭഗവാന്റെ വിഭൂതിയിലൊന്നും ആഗ്രഹമില്ല ആശ്ചര്യങ്ങളിലൊന്നും ആഗ്രഹമില്ല അദ്ഭുതങ്ങളിലൊന്നും ആഗ്രഹമില്ല ഭഗവാന്റെ ഭഗവാൻ തന്നെയാണ് മുഖ്യം ഭഗവാന്റെ ഒന്നും മുഖ്യമില്ല അപ്പൊ അർജുനൻ ഭഗവാന്റെ ശക്തി വിശേഷം വിശ്വരൂപം കാണും ഗോപികകൾക്ക് വിശ്വരൂപം ഒന്നും കാണാൻ ഇഷ്ടമല്ല അവർക്ക് അർജുനൻ ആദ്യം പറഞ്ഞു പിന്നെ അവസാനം പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടെന്ന് തോന്നുന്നു വിശ്വരൂപം കാണണമെന്ന് ഇതോ കണ്ടോളൂ എവിടെ സ്ക്രീൻ മമദേഹെ ഗുഡാകേഷ എന്റെ ശരീരത്തിൽ തന്നെ കണ്ടോളൂ താൻ നിക്കുന്ന സ്ഥലത്ത് തന്നെ തന്റെ തന്നെ ശരീരത്തില് എല്ലാം കണ്ടുള്ളൂ ഇഹൈകസ്തം ഇവിടെ തന്നെ നിന്നുകൊണ്ട് എവിടെ അനങ്ങേണ്ട ആവശ്യമില്ല ജഗത് കൃത് എൻ്റർ ജഗത് എന്റയർ വേൾഡ് എന്റയർ യൂണിവേഴ്സ് എവിടെയാളുള്ളത് ടൈം സ്പേസ് ഒക്കെ അല്ലേ നമ്മള് ആരാഞ്ഞു പോയാൽ വിശ്വത്തില് ഗാലാക്സീസ് ഗാലാക്സിസ് പോയിക്കൊണ്ടേരിക്ക എവിടെ പോവും എന്തൊക്കെയോ പുതിയ പുതിയ ഗ്രഹങ്ങളും പുതിയ പുതിയ പ്ലാനറ്റ്സും എന്തൊക്കെയോ കാണുന്നു അതിലൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കണു എവിടേക്കോ അന്വേഷിക്കണു എവിടെയാ വൈകുണ്ഠം എവിടെയാ കൈലാസം ഈ ഇസ്കോൺ ഇവരുടെ പുസ്തകത്തിൽ ഒരു ചിത്രം കണ്ടു മരിച്ചു കഴിഞ്ഞ ഒരു ജീവൻ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പറന്ന് പോണത് വേറെ ഒരു പ്ലാനറ്റ് കാണാൻ നല്ല സുഖമുണ്ടാവും ഏതോ ഒരു പ്ലാനറ്റാണെന്ന് എത്രയോ ഗ്രഹങ്ങൾ എത്രയോ ദൂരത്തിൽ എവിടെയൊക്കെയോ ബ്രഹ്മാണ്ടത്തിൽ എവിടെ പോയി അന്വേഷിക്കും അഥവാ ഈ സ്പേസിന് എവിടെങ്കിലും ഒരു എൻഡുണ്ടോ ടൈമിന് എവിടെങ്കിലും ഒരു എൻഡുണ്ടോ എല്ലാം ടൈമും സ്പേസും കോസേഷനും ഒക്കെ ഇവിടെ കണ്ടോളൂ എന്നാണ് കൃത്നം ജഗത് പശ്യ അദ്ദേ ഇന്ന് സചരാചരം ചരവും അച്ചരവും ഒക്കെ കണ്ടോളൂ എവിടെ മമദേഹെ ഗുഡാകേശ്വരന്റെ ശരീരം എന്താ ചിത് വട്ടന്തിരി പറഞ്ഞു ഗുരുവായൂരപ്പന്റെ ശരീരം എന്താണെന്ന് വെച്ചാൽ ശരീരം ഇതിൽ കണ്ടുള്ള ഇനി എന്തെങ്കിലുമൊക്കെ നനക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കണ്ടുള്ളതാണ് നീ സൃഷ്ടി എന്താ കാണണ്ടെന്ന് ആഗ്രഹിച്ച കാണും സങ്കൽപ്പിച്ച കാണും എന്തെങ്കിലും ഒരു ഡിസെയർ വന്നാ നടക്കും ശ്രുതി പറയണത് ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നതാണ് അങ്ങനെ നടക്കും നടക്കും പക്ഷേ ടൈം കാലം അതിനാവശ്യമുണ്ട് ആഗ്രഹിച്ചാൽ ചില ഇപ്പം നടക്കാൻ വകുപ്പുണ്ടാവില്ല പഴയ ആഗ്രഹമൊക്കെ ബാക്കിയുണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ അടുത്ത ജന്മ അടുത്ത ജന്മ അടുത്ത് ആഗ്രഹിച്ചോളൂ നടന്നുകൊണ്ടേയിരിക്കും ആഗ്രഹിച്ചോണ്ടേ ഇരിക്കാം നടത്തിക്കൊണ്ടേയിരിക്കാം വീണ്ടും വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടേയിരിക്കാം ആഗ്രഹം അങ്ങനെ നിറത്തിയാൽ പൂർണ്ണമായി അതാണ് ബുദ്ധൻ അവസാനം കണ്ടുപിടിച്ചത് ആഗ്രഹിച്ചാഗ്രഹിച്ച് ഞാൻ ഒരുപാട് വീട് കെട്ടി അപ്പൊ ആഗ്രഹിക്കണം എന്ന് നിർത്തിയതോടുകൂടെ ഉള്ള വീടുകളൊക്കെ പൊളിഞ്ഞു പോണു ആഗ്രഹങ്ങളൊക്കെ അവസാനിപ്പിച്ചു അപ്പൊ ഒന്നും ആകാനില്ല ഒന്നും ആയിത്തീരാനോ നേടിയെടുക്കാനോ ഒന്നുമില്ല അപ്പൊ സങ്കല്പിക്കുമ്പോ ഭഗവാൻ പറഞ്ഞു അർജുനനോട് നിനക്ക് എന്തെങ്കിലും സൂക്ഷ്മ വാസനയുണ്ടോ ഡിസയർ ഉണ്ടോ ഇറ്റ് മുമ്പിൽ വരും മമദേഹെ ഗുഡാകേശ യ അന്യത് ഇനി ഈ കാണുന്നതൊന്നും അല്ലാതെ വല്ലതും കാണാൻ ഉണ്ടോ കണ്ടോളാം എവിടെ തന്നെ കണ്ടോളാം ഈ ശക്തി ജ്ഞാനികളിലും ഈശ്വരത്വം ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തില് ഭഗവാൻ പറയണത് സ്യാദ് ഈശ്വരത്വം സ്വതസിഷ്ടതാപരിണതം ഐശ്വര്യം അവ്യാഹതം ഈശ്വരന്റെ സിദ്ധിയും ശക്തിയും ജ്ഞാനികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ എപ്പോഴും അഖണ്ഡവുമായി നിത്യസംബന്ധം വെച്ചുകൊണ്ടിരിക്കുന്ന സൂര്യകൾക്ക് വേണമെങ്കിൽ എവിടെ ഉള്ളതും പോയി കാണണം എന്നില്ല കേൾക്കണമെന്നില്ല അറിയണമെന്നില്ല ഇവിടെ നടക്കും പക്ഷെ സ്യാദ് വേണമെങ്കിൽ അവർക്ക് വേണമെന്നൊന്നുമില്ല അവർക്ക് ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നടക്കുന്നു ഭഗവാൻ രമണം ഭഗവാന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട് ചില ഫോറിനേഴ്സൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന ഹംഫ്രീസ് എന്ന് പറയുന്ന ഫോറിനർ വിരുപക്ഷ ഗുഹയിലെ വെച്ച് ഭഗവാനെ കാണുമ്പോൾ അയാളുടെ ജീവിതത്തിലുള്ള പല സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ മഹർഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്ര അദ്ദേഹത്തിൽ നിന്ന് നാട്ടിലുള്ള സ്ഥലം വീടൊക്കെ ചിലരുടെ കാര്യത്തിലൊക്കെ അവരുടെ സ്ഥലം അവിടുത്തെ വീടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ പറയണം ഇതൊക്കെ ഒരു ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയൊന്നുമല്ല അവർ മുമ്പിൽ വരുമ്പോൾ അത് കാണുന്നു അത്രേ ഉള്ളൂ കാഞ്ചി പരമാചാര്യരുടെ ലൈഫിൽ നോക്കിയാൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ ലൈഫ് അവര് ചുമ്മാതിരിക്കാണ് വേണമെങ്കിൽ മുമ്പിൽ ആളുടെ പ്രാര അനുഗ്രഹം ചെയ്യണമെങ്കിൽ അതങ്ങനെ അപ്പോ ചെറിയ ചെറിയ കാര്യം വലിയ കാര്യമൊന്നുമല്ല ചെറിയ ചെറിയ കാര്യം ഇപ്പൊ ഈ ഇന്റർവ്യൂ പരമാചാര്യരുടെ സമാധിക്ക് ശേഷം പലരും പറഞ്ഞതില് ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഇത് റെക്കോർഡ് തന്നെ ഉണ്ട് അദ്ദേഹം പറയുണ്ട് ചെറിയ കാര്യം ചെറിയ ഒരു കാര്യം പക്ഷെ ആ ചെറിയ കാര്യം പോലും നമുക്ക് അത്ഭുതമാണ് എന്താന്ന് വെച്ചാൽ എവിടെയോ പോണു നടുവില് കാട്ടിൻ്റെ ഉള്ളില് കാറ് ബ്രേക്ക് ഡൗൺ ആയി വേലൂർ സൈഡിലാണ് ഇറങ്ങി നിൽക്കുകയാണ് എവിടെ പോകാന്ന് അറിയില്ല വളരെ ഡേഞ്ചറസ് ശരിയാണ് അന്നത്തെ സമയത്ത് ആ സമയത്ത് കറക്റ്റായിട്ട് ഒരു വണ്ടി വന്നു അദ്ദേഹം പറയണത് ഞാൻ വളരെ ലോജിക്കൽ പേഴ്സൺ ഈ വിശ്വാസിക്കുന്ന ആള് ഭക്തനൊന്നും അല്ല മഠത്തുനിന്ന് ഒരു വാഹനം വന്നു രണ്ടുപേരും ഇറങ്ങി പറഞ്ഞു നിങ്ങൾക്ക് ടയർ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അത്ര കാറിന്റെ ടയർ ടയർ പങ്ക്ചറായി ടയർ കൊണ്ടുവന്നിരിക്കണം എങ്ങനെ പരമാചാര്യെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു സുബ്രഹ്മണ്യസ്വാമിയുടെ കാറുടെ ടയർ പഞ്ചറായിട്ട് ഡേഞ്ചറസ് ആയിട്ട് ഒരു ഏരിയയിൽ കുടുങ്ങിയിരിക്കുകയാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് അവിടുന്ന് ടു ഹവേഴ്സേ ഉള്ളു അവർക്ക് വരാൻ ചെറിയ കാര്യമാണ് പക്ഷേ അദ്ദേഹം ഇതൊരു അദ്ഭുതം വിശ്വസിക്കണ ആള് പറയണതൊന്നുമല്ല ഇതൊക്കെ എന്താ ഇതിപ്പോ വലിയ പ്രയോജനം ഉണ്ടോന്ന് വെച്ചാൽ വലിയ പ്രയോജനമൊന്നുമില്ല ബട്ട് ജസ്റ്റ് എ സാമ്പിൾ സർവജ്ഞത്വ ബീജം ജ്ഞാനികളിൽ പോലും ഉണ്ട് നമ്മളെ പോലെ സ്ഥൂല ശരീരത്തോടെ അവരിയ്ക്കുമ്പോ പോലും വേണമെങ്കിൽ ചില ഭക്തന്മാർക്ക് അനുഗ്രഹിക്കാനായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ വരും ആ സമയത്തേക്ക് വരും അത് അവർക്ക് തന്നെ അതിന്റെ ആഗ്രഹമൊന്നുമില്ല ഒരു ഒരു വലിയ റിസർവയർ ഉണ്ടെങ്കി അവിടുന്ന് ഇങ്ങനെ എടുത്ത് പണം കൊടുക്കാമെന്ന് പറയണം പറയാ ബാക്കില് വലിയ ഒരു ഒരു പെട്ടി ധാരാളം ഉണ്ട് തനിക്ക് ആവശ്യമൊന്നുമില്ല പക്ഷെ ആർക്കെങ്കിലും വേണമെങ്കിൽ തുറന്നെടുത്തു കൊടുക്കാന്ന് പറയണത് പോലെ ആ സർവജ്ഞത്വം ജ്ഞാനികളിൽ തന്നെ ചിലപ്പോൾ മാനിഫെസ്റ്റോ ആവും ഈശ്വരത്വം എന്ന് പറയണത് അപ്പോ ഇവിടെ ഭഗവാൻ പറയണതിൽ എന്താ ആശ്ചര്യത് ഭഗവാൻ പറയണുതാ കണ്ടോടാ എന്തൊക്കെ നിനക്ക് കാണണോ എന്തൊക്കെ ആഗ്രഹോ കണ്ടോളൂന്ന്